പ്രത്യക്ഷമല്ല പ്രത്യക്ഷമല്ലാത്ത ആകാശത്തിൽ പ്രതലം മലിനത എന്നാരോപിക്കുന്നു ഇത് പ്രൌഢവാദം ആയിട്ട് പറയുന്നു അതുപോലെ ഇനി ആത്മാവ് പ്രത്യക്ഷമല്ലെങ്കിലും അവിടെ അത്യാവശ്യം സംഭവിക്കാം സിദ്ധാന്തമല്ല തർക്കിക്കാൻ വേണ്ടിയുള്ള തർക്കം തർക്കത്തിന് വേണ്ടി പറയുന്നത് സിദ്ധാന്തത്തിൽ എന്താണ് ആത്മാവ് പ്രത്യക്ഷമാണ് അവിടെ ബാക്കിയെല്ലാം ആരോപിക്കുന്നു പിന്നെ ആകാശം പ്രത്യക്ഷമാണോ അല്ലയോ അതിൽ പല അഭിപ്രായങ്ങളുണ്ട് അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് മാലിന്യവും മറ്റും തൈജസരൂപം ശുക്ലവർ താമസരൂപം നീലവർണം അതിനെ പലത്രമസി ആകാശത്തിൽ നേരത്തെ വ്യാഖ്യാനിച്ചു സ്മൃതി പോലെ ആകാശത്തിലും നടക്കുന്നുണ്ട് അത്യാസം പിന്നെയാണോ ആത്മാവിന്റെ അത്യാസം തടസ്സമെല്ലാം നടത്തും തദ്വ തലം അധ്യസന്തി എങ്ങനെയാണോ ആകാശത്തിൽ മാലിന്യം ിക്കുന്ന അതുപോലെ പ്രതലത്വം അത് ആകാശത്ത് ആരോപിക്കുന്നു ഒരു പൊട്ടയെടുത്ത് കമഴ്ത്തിയതുപോലെ മേളോട്ട് നോക്കിയാൽ കാണുമല്ലോ എല്ലാ ചക്രവാകങ്ങളിലും ആകാശം ഇങ്ങനെ താഴ്ന്നു വരുന്നു നടക്കുയരുന്നു നിൽക്കുന്നു അത് ആണ് ൂതം മഹേന്ദ്ര നീല മണിമയ മഹാകടാഹം മഹാകടാഹിയൊരണ്ടാവ് അല്ലെങ്കിൽ വാർപ്പ് അല്ലെങ്കിൽ ഒരു ഉരുളി മഹാകടാഹ അതെടുത്ത് കമിഴ്ത്തിയതുപോലെ മേളോട്ട് നോക്കുക നമ്മൾ കാണുന്നുണ്ട് എങ്ങനെയുള്ള മഹാഘടാകം മഹേന്ദ്രനീലമണിമി മഹേന്ദ്രനീലമണി അതിന്റെ നിറം പോലെയുള്ള നീല നിറത്തിലുള്ള മഹേന്ദ്രനീലമണി അതുപോലെ നീല നിറത്തിലുള്ള ഒരു പാത്രം എടുത്ത് നമ്മൾ നമ്മളിങ്ങനെ നോക്കി തോന്നുമ്പോൾ കാണും അവിടെ അങ്ങനെ എന്തെങ്കിലും സാധനം എഴുപ്പുണ്ടോ ഇല്ലല്ലോ നല്ല തെളിഞ്ഞ സമയത്ത് ആകാശത്തിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം നോക്കണം മേഡിൽ നിന്ന് താഴെ ചക്രവാകത്തിലേക്ക് ചരിഞ്ഞു ഒരു പാത്രത്തിന്റെ ഉൾഭാഗം അതാണ് പ്രതല നമുക്ക് തോന്നുന്നു അങ്ങനെയൊന്നും ഇല്ല അവാങ്മുഖീഭൂതം അവാങ് മുഖമായി താഴോട്ട് അഭിമുഖമായിരിക്കുന്നു താഴേക്ക് അഭിമുഖമായിരിക്കുന്ന ഒരു പാത്രം എന്ന് വെച്ചാൽ നമ്മുടെ തലയ്ക്ക് മുകളിലൊരു പാത്രം എടുത്ത് കമഴ്ത്തിയാൽ അത് താഴോട്ട് അഭിമുഖമായിരിക്കും അപ്പൊ താഴേക്ക് അഭിമുഖമായിരിക്കുന്ന നീല മണിയിലറത്തോടു കൂടിയ ഒരു വലിയ വാർപ്പെടുത്ത് കമഴ്ത്തിയതുപോലെ നമുക്ക് തോന്നുന്നത് അതെന്താണ് അതൊരു ആരോപണം ആകാശത്തെ അവിടെ അങ്ങനെയൊന്നും ഇല്ല എന്തുകൊണ്ട് നമ്മൾ അങ്ങോട്ട് സഞ്ചരിച്ചു തന്നാൽ അത് മാറി മാറി പോകും നീലന്തറം ആകാശത്ത് ചക്രവാഹകത്തിൽ നീലനിറങ്ങാണ് അങ്ങോട്ട് ചെന്നാൽ അങ്ങോട്ട് വീണ്ടും പോകും അതുകൊണ്ടാണ് ആൾക്കാർ മനസ്സിലാക്കി അവിടെ അങ്ങനെ ഒരു നീല അനുഭവം പോകുന്നില്ല തുല്യം സമാപത്തോ കത്ത ദേശീയ ദേശീയതോ പഠിച്ചിട്ടുള്ള സിദ്ധാന്തം പഠിക്കുന്നുണ്ടാകാതെ വ്യാകരണം പഠിക്കാത്തവരങ്ങളുടെ ചോദ്യങ്ങൾ എന്ന് പോലെ വ്യാകരണ സംബന്ധ ചോദിക്കാൻ പാടില്ല വ്യാകരണം പഠിക്കുന്നവരിലും ചോദ്യങ്ങൾ അവകാശപ്പെട്ടു ഉപസംഹരി പ്രത്യേകാത്മനി അനാത്മാസ ആകാശത്തിൽ അധ്യാസം നടക്കാമെങ്കിൽ പിന്നെ പ്രത്യേകാത്മാവിനെന്താ അധ്യാസത്തിന് തടസ്സം അപ്രത്യക്ഷമായിരിക്കുന്ന ആകാശത്തിൽ പോലും ആരോഗ്യം സംഭവിക്കാമെങ്കിൽ സർവജനപ്രത്യക്ഷമായിരിക്കുന്ന ആത്മാവിൽ എന്തുകൊണ്ട് ദേഹാദിയുടെ ആരോപിച്ചു എന്ന് ിക്കുന്നു അധ്യാസത്തിനെ സംബന്ധിച്ച് എന്തൊക്കെ ചോദ്യങ്ങളൊന്നും അതിനൊക്കെ ഭാഷാത്മനി അഭി അനാത്മാധ്യാസ അത് വ്യാഖ്യാനിക്കുന്നു അവിരുദ്ധ പ്രത്യേകാത്മനി അഭി അനാത്മനാ ബുദ്ധിയാദിന അതുകൊണ്ട് പ്രത്യേകാത്മാവിന് ബുദ്ധിയാദികളെ ആരോപിക്കുന്നു എന്ന് പറയുന്നതിന് ഒരു വിരോധമുണ്ട് അത് സിദ്ധാന്തോടെ സമർത്ഥിക്കുന്ന എന്താണ് ഈ ശരീരാദികളെല്ലാം ബുദ്ധി ശരീരം മനസ്സ് ഇതെല്ലാം എന്താണ് പ്രത്യേകാത്മാവ് തന്റെ ആന്തരികമായിരിക്കുന്ന ആത്മാവൻ ഇതെല്ലാം ആരോപിച്ചിരിക്കണം പ്പോ എന്ന് ആര് അനാദിയായിട്ട് കുറവുറ ആരോഗ്യങ്ങളുടെ സംസ്കാരം കൊണ്ട് ഇപ്പോഴും ആരോഗ്യം സംഭവിക്കും ഈ ജന്മത്തിൽ ആരോഗ്യം സംഭവിക്കും ഉറങ്ങി എണീക്കുമ്പോ ആരോഗ്യം സംഭവിക്കും പ്രളയത്തിന് ശേഷം ആരോഗ്യ സംഭവിക്കും ഇതൊക്കെ നടന്ന അധ്യാസം ആരോഗ്യ അധ്യാസം അതിന്റെ സംസ്കാരം കൊണ്ട് വീണ്ടും വീണ്ടും സംഭവിക്കും ആദ്യത്തെ ആരോഗ്യം അധ്യാസം എന്ന് ഇതിനൊന്നും ഒരു തുടക്കമില്ല എന്തുകൊണ്ട് തുടക്കമില്ല തുടക്കം ഉണ്ടെന്ന് പറഞ്ഞ ഞാൻ പ്രശ്നമാകും ഈ പറയുന്ന മറുപടികളൊന്നും പോരാതെ വല്ല ഇതിനൊരു ആദ്യം എന്തായിരുന്നുണ്ടായത് അധ്യാസമാണോ അതെ അതിന്റെ സംസ്കാരമാണോ എന്ന് ചോദിക്കുന്നത് കോഴിയാണോ ഉണ്ടായത് അതെ അതിന്റെ കിഴങ്ങാണോ ഉണ്ടായത് മുട്ടയാണോ ഉണ്ടായത് ആദ്യം എന്തായിരുന്നുണ്ടായത് പരണാമ ശാസ്ത്രം അനുസരിച്ച് ആദ്യം ഉണ്ടായത് ബീജമാണ് ബീജത്തിൽ നിന്നാണ് പിന്നെ കോഴിയെന്ന് പറയുന്നത് എന്തുകൊണ്ട് കോഴിയെന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്നില്ല അത് പരിണമിച്ചുണ്ടായ കോഴിക്കുന്നു പല ജീവികളും ഉണ്ടായിരുന്നു മനസ്സിലായത് ആദിയിലെ ദിനോവസരങ്ങളാണ് പിൽക്കാലത്ത് കോഴിയായി മാറി അപ്പൊ പരിണാമം കൊണ്ട് സംഭവിച്ചതാണ് അതുകൊണ്ട് ആദ്യമുണ്ടായത് ബീജമാണെന്ന് വെച്ചാൽ ഈ നമ്മൾ ഈ കാണുന്ന പോലെയുള്ള മുട്ട ഈ കാണുന്ന കോഴിയൊന്നും മണ്ടില്ലായിരുന്നു പരിണാമത്തിൽ ഒരു ഘട്ടത്തിൽ കോഴിയുടെ ബീജം പരിണമിച്ചും അത് കഴിഞ്ഞു അതിൽ നിന്ന് കോഴിയുണ്ടാകും അതുകൊണ്ട് പഴയകാലത്ത് മണ്ടൻ ചോദ്യമാണേത് ആദ്യം കോഴിയാണുണ്ടായതോ മുട്ടുന്നത് കാരണം അത് മനുഷ്യനെ പരിണാമത്തെക്കുറിച്ച് അറിയാത്തൊരാൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്യും അറിയാൻ മനസ്സിലും എറണാകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് കടീ പറയുന്നെന്താ ബന്ധി എന്നാണ് അവന്റെ അർത്ഥം എന്തെങ്കിലും പറയുന്നത് ഒരു വാക്ക് പറയുമ്പോ നമ്മൾ അതിന്റെ അർത്ഥം അഭിരുദ്ധ പ്രത്യേകാത്മനി അഭി അനാത്മന ആകാശത്തിൽ പോലും അധ്യാസം സംഭവിക്കാമെങ്കിൽ രജു സർപ്പത്തെ ആരോപിക്കാമെങ്കിൽ ശുദ്ധി രഹിതത്തെ അരു ആരോപിക്കാമെങ്കിൽ ആത്മാവിൽ അനാത്മാവിനെ ബുദ്ധ്യാദീന അധ്യാസികം പറയുന്നു അടുത്ത ഭാഷം പണ്ഡിതന്മാർ വിവരമുള്ള ഒരു ജ്ഞാനികൾ എന്താ പറയുന്നത് എന്ത്യുന്നു അധ്യാസമാണ് അധ്യാസം തന്നെയാണ് അധ്യാസം എന്താണ് ഇതുവരെ പറഞ്ഞു മനസ്സിലായി എന്താണ് അധ്യാസം എന്ന് പറയുന്നത് ഇതുവരെ പറഞ്ഞു നിന്ന് മനസ്സിലാക്കി അധ്യാസം ഇതുവരെ പറഞ്ഞില്ലെന്ന് മനസ്സിലായി സീരിയുടെ മാപ്പിള ആര് എല്ലാ ഐഡിയ ഉണ്ടോ പ്രത്യേകാത്മാവൻ ആത്മാവിന് പ്രത്യേകാത്മാവൻ അനാത്മാവിന് ശരീരാദികളെ ആരോഗ്യത്തിനാണ് അഭ്യാസം ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞതേയാണ് പറഞ്ഞതേ ഈ അഭ്യാസത്തെ എന്ന് പറഞ്ഞു ഭാഷ്യകാരന്റെ അഭിപ്രായം അങ്ങനെയാണ് എന്ത് അധ്യാസമാണ് ഈ അദ്വൈതികളിൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായം മനസ്സിലായുവെച്ച അച്ഛൻ അദ്വൈതി പറയുന്നത് മോൻ അദ്വൈതി അംഗീകരിച്ചില്ലെന്ന് വെച്ചാൽ ഗുരുവർ അദ്വൈതി പറയുന്നത് ശിഷ്യൻ അദ്വൈതി അംഗീകരിച്ചില്ല അഭിപ്രായ വ്യത്യാസമാണ് പക്ഷികാരം പറയുന്നത് എന്താണ് അധ്യാസം തന്നെയാണ് അവിദ്യ വ്യാഖ്യാനിക്കുന്നത് ചെറുതും ഇവിടെ വ്യാഖ്യാനിക്കുന്നത് പലരും മിക്കവാറും പേരുണ്ട് അധ്യാസം തന്നെ അവിദ്യ എന്ന് പറഞ്ഞ എന്റെ അർത്ഥം അവിദ്യ കാര്യമാണ് എന്തോന്നു എന്തോന്നുഡീട്ട എന്താ പിടി കിട്ടിയത് എന്ത് കാണുന്നത് അതായത് അധ്യാസം എന്ന് പറയുന്നത് അവിദ്യ കാര്യമാണ് അതുകൊണ്ട് അധ്യാസത്തെ പറയേണ്ടത് കാര്യാധ്യാസം അവിദ്യയപ്പോൾ എന്തുപോയ്ക്കും അത്യാസമാണ് മൂലാഭ അവിദ്യയും അത്യാസം തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ് മിക്കവാറും പേര് വ്യാഖ്യാനം വിവരണകാരണം മറ്റും അങ്ങനെയാണ് ാരനും ഇവിടെ ഒന്നും പറയുന്നുണ്ടെങ്കിലും മുമ്പോട്ട് പറഞ്ഞു വരുമ്പോ അത് പറയും എന്താ എന്താ വ്യത്യാസം അവിദ്യയുടെ കാര്യമാണ് അത്യാസം എന്ന് പറയുന്നത് എന്താ വ്യത്യാസം എന്താണ് അവിദ്യ ഉള്ളിടത്തെല്ലാം അത്യാസം വേണമെന്ന് നിർബന്ധമില്ല മൺപാത്രം മണ്ണിൽ നിന്നുണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മണ്ണുള്ളടത്തെല്ലാം മൺപാത്രം വേണമെന്ന് ഇല്ലാ വിദ്യ എന്ന് പറഞ്ഞാൽ മൂലാവിദ്യയാണ് സുഷിതിയിലുള്ളത് പ്രളയത്തിലുള്ളതൊക്കെ മൂലാവിദ്യ ഈ മൂലാവിദ്യ എന്ന് പറയുന്നത് എന്താണ് ആ സമയത്ത് ഒരു അനർത്ഥം ഉണ്ടാക്കുന്നത് ചുഴുത്തിയിലും പ്രളയത്തിലും കവിതയിലിരുന്നു എന്ന് വിചാരിച്ച് ജീവനൊരു ശല്യവും ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്നു മൂലാവിദ്യയുടെ കാര്യമാണ് അത്യാസം അതാണ് ജാഗ്രത ഈ അധ്യാസമാണ് ഇവിടെ കർത്തൃത്വം ഭോക്തൃത്വം ഒക്കെ ഉണ്ടാക്കുന്നത് ജീവനും സംസാരത്തെ ഉണ്ടാക്കുന്നത് ൂലാവിദ്യ ജീവന് സുഷ്ടും പ്രളയത്തിലുമൊക്കെ സ്ഥിതി ചെയ്യുന്നു പക്ഷെ അവിടെ ഉത്തരോധം ചെയ്തിരുന്നു പക്ഷെ അത് തന്നെ ജാഗ്രത കാര്യമായി വരുമ്പോ അവിടെ എന്തു ചെയ്യുന്നു കടുത്തത്വം ഭക്തൃത്വം അതികളെയൊക്കെ ഉണ്ടാക്കി ജീവന് സംസാരത്തിലുണ്ടാക്കും അപ്പോ അധ്യാസം എന്ന് പറഞ്ഞാൽ കാര്യവിദ്യയാണ് അത് പുതിയ ഉപദ്രവം ചെയ്യുന്നതാണ് അവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും അവിദ്യ എന്ന് പറഞ്ഞാൽ അത് മൂതാവിദ്യയാണ് അത് സ്ഥിതി ചെയ്യുന്ന അവസ്ഥയുണ്ട് സുഴ്ത്തിയിൽ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടോ ഇങ്ങനെ ഒരു വലിയ വ്യത്യാസം പന്ധുവിദ്യ പറയുന്നുണ്ട് ഇതാണ് കൂടുതലും പ്രചരിച്ചിരിക്കുന്നത് അന്ധവിദ്യ ഉയർന്ന കാലവർ എല്ലാരും ഇതൊക്കെ സ്വീകരിക്കുന്നു ഇവരുടെ പക്ഷോന്ന് പറഞ്ഞ ഈ കാര്യവിദ്യ അതായത് അധ്യാസത്തെ തന്നെ വേറെ രീതി വ്യതിയാനിക്കുമ്പോൾ അത് എന്താണ് വേദാന്ത പരിഭാഷക്കൊന്നെയാണ് ഇടാ വച്ചു കൈകെ ആശ്രയിച്ചിരിക്കുന്ന വിദ്യാ തിരു മൂല തിരസ്കൃതി എന്ന് പറഞ്ഞ് മൂല നമ്മുടെ സുഷുപ്തിയില് മൂലാവിധി ഇരിക്കുന്നു പക്ഷെ ജാഗ്രത പോലെയുള്ള ഉപദ്രവം ഒന്നും ഉണ്ടാക്കുന്നില്ല പക്ഷെ അത് തന്നെയാണ് ജാഗ്ര ഉപദ്രവം കാര്യവിദ്യയായി വന്നിട്ടുണ്ടാക്കുന്നത് ഇത് അദ്വീപത്തിൽ വലിയ തർക്കമുള്ള ഒരു വിഷയവും അഭിവിദ്യകളെ പല തട്ടുകളാക്കുന്ന ഒരു കാര്യമാണ് അദ്വീകരും അംഗീകരിക്കുന്ന ഒരുപോലെയുള്ള ഒരു സംഗതി ഭാഷയകാരൻ കൂടെ എന്ത് പറഞ്ഞോ അധ്യാസമാണ് അവിദ്യ അല്ലാതെ അവിദ്യ കാര്യമാണ് അധ്യാസം ഭാഷകാരൻ പറഞ്ഞു പറഞ്ഞോ ഭാഷകാരൻ അങ്ങനെ പറഞ്ഞില്ല എന്തു പറഞ്ഞു എടുത്ത് കാലത്ത് പുറത്തു ഞാൻ ഒരു കാര്യം ഞാൻ കാര്യം പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ തന്നെ പേരെ തിരിച്ചു പറയുന്നു എന്താ കാക്ഷികാരൻ പറഞ്ഞത് ഒരിക്കോട് പറയാം ഞാൻ വീണ്ടും ചോദിക്കും തട തിരിച്ചു പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിക്കും കക്ഷികാരൻ പറയുന്നത് പഠിച്ചു വെക്കണം ഉറപ്പിച്ചു വെക്കണം കക്ഷികാരൻ പറയുന്നത് എന്താണോ അധ്യാസം തന്നെ അവിദ്യ ഇവിടെന്താ പറയുന്നത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മാറിപ്പോണ്ഡിതാ അവിദ്യ അധ്യാസത്തെയാണ് പണ്ഡിതന്മാർ അവിദ്യ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ മാഷികാരത്യ തന്നെയാണ് അധ്യാസം പക്ഷെ ഇതിന് വ്യാഖ്യാനിക്കുന്ന പല പല പല പല ആചാര്യന്മാരും എങ്ങനെ വ്യാഖ്യാനിക്കുന്നു വിദ്യയുടെ കാര്യമാണ് വത്യാസം രണ്ടു നിങ്ങളുടെ വ്യത്യാസം എന്തോന്നു ഏതാ രണ്ടും നിങ്ങളുടെ വ്യത്യാസം എന്താണെന്ന് കറക്റ്റ് തെളിഞ്ഞു തെളിഞ്ഞാ ഞാൻ തെളിഞ്ഞീന്നു മാറ്റി പറയത്തല്ല ഇവിടെ ഇരിക്കുന്നവർ പ്രയോജനമുണ്ട് എന്താണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വോൾട്ടേജൊന്നും കുറയും അല്ലെങ്കിൽ ശരിയാ വിദ്യ എന്ന് പറയുന്നത് സുസ്ഥയിലും എവിടെയുണ്ട് പ്രളയത്തിൽ കാര്യവിദ്യ എവിടെയില്ല അത് അവിടെയിരിക്കുമ്പം ആ സമയത്ത് ജീവന് ഒരു പ്രശ്നം ആ സമയം കാര്യവിദ്യ വരുന്നു ജാഗ്രത അവിടെ ജീവൻ എന്തുണ്ടാക്കുന്നു സംസാരം പ്രശ്നങ്ങൾ എന്താണ് ഉണ്ടാക്കുന്നത് ഇതാണ് അതായത് വിവരണം ഭക്ഷ്യ ഭാവപ്രകാശിക വാർത്തികം പ്രതീപം ഇങ്ങനെ നിരവധി വ്യാഖ്യാനങ്ങളുണ്ട് കുടുംബസൂത്രത്തിൽ അവിടെയൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിക്കും മനസ്സിലായത് പിന്നെ കൂടുതലായിട്ട് നമുക്ക് വായിച്ചു മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം കുറിക്കാത്ത പുസ്തകം ഇത് കൊണ്ടെടുത്തോണ്ട് വെച്ച് വായിച്ചു വായിച്ചു മനസ്സിലാക്കണം സംസ്കൃതമാണെന്നേ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നു സമയം കെട്ടുമ്പോഴടുത്ത് വെച്ച് വായിച്ച് പഠിക്കുന്നു ഇതൊരു വലിയ പ്രധാനപ്പെട്ട വ്യത്യാസം കണ്ടാണ് പറയുന്നത് വിദ്യയും അധ്യാസങ്ങളും ഇത് ഒന്നെന്ന് പറഞ്ഞാൽ വരുന്ന അതിന്റെ ഗുണം എന്താണ് രണ്ടു ഒന്നാണെന്ന് പറഞ്ഞാൽ എന്താണ് ആ രണ്ടൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അധ്യാസം എന്താണെന്ന് ഭാഷകാരൻ പറഞ്ഞു എന്താണ് ആത്മാവിന്റെ അനാത്മാവിനെ ആരോപിക്കുക അതാണ് അധ്യാസം ഈ അധ്യാസം നോക്കി ഇപ്പോഴാണ് കർത്തൃത്വം ഭോക്തൃത്വം ഒക്കെ ആരോപിച്ചിരിക്കുന്നത് ഇപ്പോഴാണ് സുഴുതി ഇങ്ങനെയുള്ള ആരോപണങ്ങളും ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ അധ്യാസം അധ്യാസം ഇല്ലെന്ന് പറഞ്ഞാൽ എന്തില്ല സുഷുപ്തി പ്രളയം ഇടുക പ്രളയത്തിന്റെ കാര്യം തർക്കമുള്ള കാര്യമാണ് സുഷുപ്തിയാണ് ഭാഷകാരം പറയുന്നതനുസരിച്ചാണെങ്കിൽ അവിദ്യ തന്നെയാണ് അത്യാസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് മനസിലാക്കണം എന്താണ് സുഴുത്തിയിൽ എന്തില്ല സുഴുതിൽ എന്തില്ല അവിദ്യയില്ല വ്യത്യാസം ഏത് രണ്ടുമൊന്നാണ് അപ്പൊ സുഹൃത്തിൽ അവിദ്യയില്ല വിദ്യ അത്യാസമുണ്ട് അപ്പോ ഈ ഒരു കാര്യങ്ങളെ കുറിച്ച് മനസിലായ അവിടെ അത്യാസം ചെലുത്തി അതുണ്ടോ ഇതുണ്ടോ അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ എന്നൊക്കെ പറഞ്ഞ് വാദപ്രവാദം നിർത്തുന്നതിനൊന്നും ഒരു അർത്ഥവും വ്യർത്ഥമാണ് വേസ്റ്റാണ് എന്തുകൊണ്ട് ഒന്ന് ശരി വേറെ തെറ്റെന്ന് പറയുന്നത് വിവരദോഷികൾ മണ്ടന്മാരും കഴങ്ങന്മാരാണ് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഇതിപ്പോ ഓരോരുത്തരുടെ വ്യാഖ്യാനങ്ങള് ഈ എഴുതി വച്ചിരിക്കുന്ന ഒക്കെ എന്താണ് ഓരോരുത്തരുടെ വ്യാഖ്യാനങ്ങളാണ് ഈ വ്യാഖ്യാനങ്ങളൊക്കെ ചെരിയോ തെറ്റോ എന്ന് പറഞ്ഞ് പരസ്പരം വളം കൂടിയിട്ട് വേണ്ട കാര്യമാണ് ഒരു കാര്യ പിന്നെ പിന്നാലെ ഭാഷകാരൻ എന്ത് പറഞ്ഞുപയോഗിച്ച ഭാഷകാരം വാർത്തകത്തിൽ എന്ത് പറഞ്ഞുപയോഗിച്ച വാർത്തകത്തിൽ ഇങ്ങനെ എന്നെ നമുക്ക് പറയാൻ പറ്റും അല്ലാതെ എല്ലാത്തിന്റെ കൊട്ടേഷൻ നമുക്ക് മുടിക്കാൻ പറ്റും ഇത് ശെരിയാണ് അത് തെറ്റാണ് എന്ന് പറയുന്നത് പറ്റത്തില്ല ഓരോ വ്യാഖ്യാനങ്ങളും ഓരോ രീതിയും വ്യാഖ്യാനിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ പറയപ്പെട്ട മനസിലാ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇതിന്റെ തത്വചിന്തയാണ് ചിന്താപരമായ ആശയങ്ങളാണ് ചിന്തയിലുള്ള ആശയങ്ങളാണ് അത് ഓരോരുത്തർ ഓരോരുടേതായ ചിന്തിക്കുമ്പോ ഓരോരോ സിദ്ധാർത്ഥം അത് സത്യം വേദം അസത്യവേദെന്ന് പറഞ്ഞു തർക്കിക്കുന്നതിൽ നിന്ന് യാതൊരു ഇതിനെല്ലാം എന്തായാലും മനസ്സിലാക്കണം ഓരോരോ വലിയ പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങളായി മനസ്സിലാക്കി മത്സരം അപ്പം ആരുടെയും പെട്ടെന്ന് ചെയ്യണം ആര് എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായി പറയാനറിഞ്ഞ എന്റെ അഭിപ്രായം ഇല്ലതാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയും അത് എല്ലാ അഭിപ്രായങ്ങളും ഓരോരോ അഭിപ്രായം ഞാൻ ഒരഭിപ്രായം ഞാൻ കൊണ്ടത് ശരി അങ്ങനെയൊന്നും മനസിലായി അതൊക്കെ ഒരു എന്തായാലും ജാഗ്രത അവിധ എല്ലാരും സ്വീകരിക്കുന്നു കാരണം അവിടെ അത്യാസമാണ് എല്ലാ ജാഗ്രത അവിധിയെ സ്വീകരിച്ചേ വേണ്ടി വ്യത്യാസമാണ് തക്കം വരുന്ന സുഹൃത്തി അധ്യാസം അവിദ്യ തരം എന്ന് പറഞ്ഞാൽ സുഹൃത്തി അധ്യാസം തന്നെ അവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ ഉണ്ട് എങ്ങനെ വ്യാഖ്യാനിക്കുന്നു നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും അല്ലാതെ ഞാൻ ഏതെങ്കിലും ഒരു കാര്യം ബാധിച്ച് ഇതാണ് സ്ഥിതി ഞാൻ സംബന്ധിച്ചാൽ അത് എന്റെ ഒരു അഭിപ്രായം എന്നുള്ളതാണ് എന്റെ വ്യാഖ്യാനം അതേ പുല്ല് വരെ ഇല്ല മനസിലായൊക്കെ വ്യാഖ്യാനങ്ങളൊന്നും മനസ്സിലാക്കാം മനുഷ്യന്റെ തത്വചിന്തയാണ് പിന്നെ ഇനി ഒരാള് പറയണല്ല ഇതാണ് ശരി എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഏ അത് അയാളുടെ വിശ്വാസം അതയാളുടെ വിശ്വാസം മനസിലായോ ഞാൻ പറയുന്നു ആ സുഹൃത്തിയിൽ അവിദ്യ ഉണ്ട് ഞാൻ വാശി പിടിച്ച അതെന്റെ വിശ്വാസം മനസിലായോ ഞാൻ പറയണത് സുഹൃത്തിയിൽ അവിദ്യ ഇല്ലെന്ന് പറഞ്ഞാൽ അതിന്റെ വിശ്വാസം ഏതുപോലെ പൊട്ടിച്ചാത്തോണ്ടെന്ന് പറയുമ്പോൾ ഇല്ലെന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ് മനസ്സിലായോ ഇതെല്ലാം മനുഷ്യന്റെ നമുക്ക് അങ്ങനെ ഒരു വിശ്വാസം വേണമെങ്കിൽ നമുക്ക് അതിനെ സംരക്ഷിക്കാം കൊണ്ടു കളക്കാം അല്ലേ വിശ്വാസം ഉണ്ട് കൊച്ചു കുട്ടിയുടെ കയ്യിൽ ഒരു ചെറിയ പാവയെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയും ചെയ്യും അതിന് പാൽ കൊടുക്കും വെള്ളം കൊടുക്കും ആഹാരം കൊടുക്കും മിഠായി കൊടുക്കും പൊളിപ്പിക്കും എല്ലാത്തെയും സർവ്വകാര്യങ്ങളും ചെയ്യും എന്തുകൊണ്ട് അതെന്റെ വിശ്വാസം ഈ പണ്ഡിതന്മാരെല്ലാം ഇതുപോലെയുള്ളൂ ഏതുപോലെ ഈ കൊച്ചുകുട്ടി പാവയെ തളിപ്പിക്കുന്നത് പോലെയുള്ള എല്ലാം വിശ്വാസികളാണ് ഇതീ ഇതിന്റെ ഭക്ഷപ്പിടിച്ചിട്ട് കിടന്ന് തർക്കിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല പിന്നെ വന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസത്തെ വെച്ചിരിക്കുക മനസ്സിൽ ആ വിശ്വാസം കൊണ്ട് ജീവിച്ചു പോകും മനസ്സിലായി നല്ലൊരു കാലം ജീവിച്ചു കഴിഞ്ഞപ്പോ വിശ്വാസം കൊണ്ടു തന്നെ പോയത് ആ വിശ്വാസത്തിൽ തന്നെ ഈ പാവയെ കൈവെച്ച് കൊടുപ്പിക്കുന്നു പോലെ വിശ്വാസമായിട്ട് ആ അങ്ങനെ മുമ്പോട്ട് പോകാസമായിട്ട് മുമ്പോട്ട് പോവാ ഏതുവരെ അല്ല പുഴയിലിരുന്നു പുഴുതല്ല അങ്ങനെ വിശ്വാസ മനസിലായി അങ്ങനെ അതൊക്കെ ശങ്കരായ നിഷ്ടാന്തഭൂതം നിഷ്ടാന്തമായിരുന്നു ഭാഷകാരം പറയും എന്ന് പറഞ്ഞു തീരയില്ല എന്തുകൊണ്ട് ശങ്കരാചര് എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് പരിസരം തീരത്തില്ല എന്തുകൊണ്ട് അതിനെ പിന്നീട് ആൾക്കാരും വ്യാഖ്യാനിക്കയാണ് അപ്പൊ ഗുരു പറഞ്ഞു എന്ന് പറഞ്ഞു പ്രശ്നം എന്തേലില്ല എന്തുകൊണ്ട് ഗുരു പറഞ്ഞുകൊണ്ട് പ്രശ്നം എന്തേലില്ല എന്തുകൊണ്ട് അതുകൊണ്ടല്ല വീണ്ടും അത് വ്യാഖ്യാനിക്കും ആൾക്കാർ വിശ്വാസമൊന്നും പരിഹരിക്കില്ല തർക്കത്തെ പരിഹരിക്കില്ല വിശ്വാസം എന്ന് പറയുന്ന എന്താണ് അവനവന്റെ വിശ്വാസം അവൻ സൂക്ഷിക്കാമെന്ന് പറഞ്ഞു അപ്പൊ ഗുരു പറഞ്ഞു അത് അവസാന വാഗം പറഞ്ഞാൽ പറ്റില്ല കാരണം ഗുരു പറഞ്ഞ ആൾക്കാർ എന്ത് ചെയ്യുന്നു വ്യാഖ്യാനിക്കും വ്യാഖ്യാനിക്കുമ്പോഴത്തേക്ക് പിന്നെ എന്താവാത്ത ഓരോ അഭിപ്രായം ശങ്കരായ പറഞ്ഞു എന്ന് പറഞ്ഞാലോ ഗുരു പറഞ്ഞു എന്ന് പറഞ്ഞാലോ ഒരുവിധം തർക്കം തീരുന്ന കാര്യങ്ങൾ ഓരോരുത്തരും അവരവരുടെ രീതി വ്യാഖ്യാനം അനുഭവം എന്ന് പറഞ്ഞാൽ തീരുമോ എന്തുകൊണ്ട് അത് അനുഭവം വ്യക്തി നിഷ്ടനുഭവം ഇതാണെന്ന് പറഞ്ഞാൽ വേറെ പറയാത്ത എൻ്റെ അനുഭവം ഇതാണെന്ന് പറഞ്ഞാൽ മതി അറിവിന്റെ അടിക്കാൻ പറ്റും ഏ ഒരാൾ പറയുന്നത് ഞാൻ കണ്ണുടച്ചു കഴിഞ്ഞാൽ കാണുന്നു കുട്ടിച്ചാത്തു കുട്ട കുട്ടിച്ചാത്തനാണ് പരമാർത്ഥം എന്ന് പറഞ്ഞാൽ വേറെ കണ്ണുകളും പറയാൻ പറ്റും എന്താണ് അയാൾ കണ്ണുടച്ച കാണുന്നവരെ കുട്ടിച്ചാത്തന് വേറെ ആൾ പറഞ്ഞ കുട്ടിച്ചാർത്തനല്ല പിന്നെന്താണ് പനയക്ഷി പാനയക്ഷി അതാണ് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു സംബന്ധിക്കാനും മറ്റു അനുഭവം എന്ന് പറയുന്നത് തർക്കം തീർക്കുന്ന കാര്യം അതൊക്കെ അവനവന്റെ വിശ്വാസത്തെ സംരക്ഷിക്കാനും പിന്നെ ഏതൊരു വിശ്വാസം ഉണ്ടായിരിക്കുന്ന അതൊന്നും ഇതൊരു വലിയ വിഷയമാണ് ഈ പറയുന്ന ഈ ഒരു വാക്യം എന്ന് പറയുന്നത് ഒരുപാട് തർക്കവിതർക്കങ്ങൾ ഉണ്ടാക്കിയ ഒരു വാക്യം എന്താണ് തമേതം ഈ പറഞ്ഞതായ ഏമൻ ലക്ഷണം ഈ ലക്ഷണത്തോടുകൂടിയ അത്യാസം അതിഹാസത്തെ പണ്ഡിതാഹ പണ്ഡിതേരി അപ്പൊ അതിങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ ും എന്താണ് ആകവേ അറിഞ്ഞാൽ അവൻ അതിരറ്റുഖം അപ്പൊ ഇതൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞ പരമസുഖം മനസ്സിലായി ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സുഖമാണ് എന്ന് കുഴപ്പമൊന്നും ഈ പറഞ്ഞ രീതി മനസ്സിലാക്കും ഇതുവരെ പറഞ്ഞ അവൻ അതിരറ്റ സുഖം ഭവിച്ചിടുന്നു ഗുരു അങ്ങനെ മനസ്സിലാക്കിയാണോ ആകേ അറിയാമെന്ന് പറയുന്നതാണ് എല്ലാം മനസ്സിലാക്കണം എങ്ങനെ മനസ്സിലാക്കണം ഓരോരുത്തരുടെ വ്യാഖ്യാനമാണെന്ന് മനസ്സിലാക്കണം അപ്പൊ പിന്നെ സംഘർഷങ്ങൾ ശരിയത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ തർക്കിക്കേണ്ട ആവശ്യം വരുന്നത് ഇവിടെ ചോദിക്കുമ്പോൾ നനുസന്ധി ചത് കിമർത്ഥം അയമേവക്ഷേപസമാധാനാ ഉത്പാദിതെന്ന് പറയുന്നു സഹസ്രാ ണക്കിന് അധ്യാസങ്ങളുണ്ട് ഏത് ശക്തി വിരേതാസം മരുപരീചിതാധ്യാസം എന്ന് പറഞ്ഞു ആകാശനീലമാധ്യാസം നൂറ് കണക്കിന് അധ്യാസം അതാണ് സന്ധിജ സഹസ്ര അധ്യാസ തത് കിമർത്ഥം പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അയമേവ അധ്യാസം ഈ അധ്യാസം ഇതിന് ആക്ഷേപ സമാധാനാഭ്യാ ചോദ്യോത്തരങ്ങളിലൂടെ ഇത്രയും കാലം ഇപ്പൊ എത്ര കാലം എടുത്തത് തുടങ്ങിയിട്ട് എത്ര കാലമാണ് ഇവിടെ നിങ്ങൾ തുടങ്ങി അത്യാസം ബ്രഹ്മസൂത്രം ആറുമാസം വർഷങ്ങൾ കഴിഞ്ഞു പോയി ഏഷ് ഒരു വർഷം കഴിഞ്ഞു എന്നില്ലായിരുന്നു അപ്പൊ ഈ ചോദ്യോത്രങ്ങളുടെ ഇത്രയും പേര് വ്യാഖ്യാനിച്ചിരുന്ന ഈ ഒരു കാര്യം എന്തെല്ലാം അധ്യാസമുണ്ട് ഇതിനെ മാത്രം ഇട്ട് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട് എത്ര എത്ര പൂർവ്വപക്ഷം വന്നു എത്രയെത്ര സമാനം ആരയുടെ പ്രഭാരപക്ഷം പറഞ്ഞു ബൗദ്ധന്മാരുടെ പക്ഷം പറഞ്ഞു തർക്കികന്മാരുടെ പക്ഷം പറഞ്ഞു നൽകൈടെ പറഞ്ഞു ചാർവാകന്മാരുടെ പറഞ്ഞു എന്തെല്ലാം പറഞ്ഞു ഇത്രയും ഇതാണ് വിത്പാദനം വിത്പാദിപ്പിച്ചതെന്ന് വെച്ചാൽ വ്യാഖ്യാനിച്ച് തകർത്ത് എന്തിനായിരുന്നു ഇത് മാത്രം എന്നാ അധ്യാസമാത്രം അധ്യാസമാത്രം അധ്യാസത്തെ പൊതുവായിത അധ്യാസം ഒന്നിനെ സാമാന്യമായി എല്ലാത്തിനും കൂടെ ചേർത്ത് അല്ലെങ്കിൽ വ്യാഖ്യാനിച്ചുകൂടെ ഇതിനു വ്യാഖ്യാനിച്ചതിനെ ആത്മാവിന് ആത്മാസം മാത്രം വിത്പാദ്യത ഇത്യതാണ് അതിന് സമാധാനം നടത്തുന്ന ഭാഷ പറയുന്നു ഈ അധ്യാസം തന്നെയാണത് ഇപ്പൊ ഭാഷകാരന്റെ ആ വരികളിൽ നിന്നുകൊണ്ട് ഇതാണ് അർത്ഥം അതിനും വഴികൊടുക്കുന്നു སས སས སས སས